പറയുക ഇത് അള്ളാഹു സുബഹാനഹുവച്ചയാലായുടെ ഭാഗത്തുനിന്നുള്ളതാണെങ്കിൽ എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുകയും ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരാൾ ഇതിന് സമാനമായ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അദ്ദേഹം വിശ്വസിക്കുകയും നിങ്ങൾ അഹങ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും തീർച്ചയായും അള്ളാഹു സുബഹാനഹുവച്ചയാലായെ അക്രമികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല